യൂണിറ്റ് റാണിയും അമ്മയും റെയിൽവേ സ്റ്റേഷനിൽ അമ്മേ വേഗം ഒന്ന് വരൂ ട്രെയിൻ വരാറായി അതാ ആളുകളെല്ലാം റെഡിയായി നിൽക്കുന്നു ിക്കാതെ മോളെ ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട് വേഗം വന്നില്ലെങ്കിൽ മുൻപിൽ സ്ഥലം കിട്ടില്ലമ്മേ നോക്കൂ ഇപ്പോഴേ ആളുകൾ തിക്കി കയറി കഴിഞ്ഞു ട്രെയിനിൽ നിന്ന് മുൻപേ എനിക്ക് അമ്മാവനെ കൈവീശി കാണിക്കണം വെപ്രാളപ്പെടാതെ മോളെ ഇത് അമ്മാവൻ വരുന്ന ട്രെയിനല്ല മദ്രാസ് മെയിലാണ് കേരള കർണാടക എക്സ്പ്രസ്സിലാണ് അമ്മാവൻ വരുന്നത് അത് വരാൻ ഇനിയും ഇരുപത് മിനിറ്റ് വേണം എങ്കിൽ നമുക്ക് ആ കല്ലുബഞ്ചിൽ ഇരിക്കാം എനിക്ക് കാൽ കഴിക്കുന്നു ശരി വരൂ അങ്ങോട്ട് നോക്കൂ അമ്മേ എത്ര ആളുകളാണ് ദിവസവും വരികയും പോകുകയും ചെയ്യുന്നത് ഇവരൊക്കെ എങ്ങോട്ടാണമ്മേ എന്നും ഇങ്ങനെ പോകുന്നത് മണ്ടിപ്പെണ്ണേ ദിവസവും ഒരേ ആളുകളാണോ ഈ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നത് അതെനിക്കറിയാം എന്തിനധികം എന്നും പോകുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് ഇത് നല്ല ചോദ്യം ഓരോരുത്തർക്കും ഓരോ കാര്യം കാണില്ലേ മോളെ ഞാൻ അപ്പൂപ്പന്റെ കൂടെ നടക്കാൻ പോകാറുണ്ടായിരുന്നപ്പോൾ രണ്ടുമൂന്നാളുകളെ ദിവസവും കാണുമായിരുന്നു അവരെന്നും എവിടെയോ പോകുമായിരുന്നു അവര് കുറച്ചു ദൂരെ എവിടെയെങ്കിലും ജോലിയുള്ളവരായിരിക്കും ദിവസവും പോയിട്ട് വരുമായിരിക്കും അമ്മ എന്റെ സ്കൂളും അത്ര ദൂരെയായിരുന്നെങ്കിൽ എത്ര രസമായിരുന്നേന് ഞാനും എന്നും ട്രെയിനിൽ സഞ്ചരിക്കുമായിരുന്നു അമ്മയ്ക്കിഷ്ടമല്ലേ എന്നും ട്രെയിനിൽ വരാനും പോകാനും ഇല്ല മോളെ ഒട്ടും ഇഷ്ടമില്ല അയ്യോ അതെന്താ അമ്മയാ ഞാൻ കോളേജിൽ പഠിച്ചു കൊണ്ടിരുന്നപ്പോൾ ദിവസവും ട്രെയിനിലാണ് വന്നു പോയിക്കൊണ്ടിരുന്നത് ഇവിടുന്ന് വളരെ ദൂരെയാണ് അപ്പൂപ്പൻ അന്ന് താമസിച്ചിരുന്നത് പല ദിവസവും ട്രെയിൻ സമയത്തിന് വരാഞ്ഞേ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കോളേജിലെ പരിപാടികൾക്കൊന്നിനും നിൽക്കാതെ സമയത്തിന് സ്റ്റേഷനിലെത്താൻ ഞാൻ ഓടാറുണ്ടായിരുന്നു ഇപ്പോഴും ആ രംഗങ്ങളൊക്കെ എന്റെ മനസ്സിൽ മങ്ങാതെ കിടക്കുകയാണ് അമ്മ അതിനെപ്പറ്റിയൊക്കെ കഥകൾ എഴുതാത്തത് എന്താണ് എഴുതാനാണെങ്കിൽ എത്രയോ കഥകളുണ്ട് പക്ഷെ എഴുതപ്പെടാത്ത കഥകൾ കാണുമ്പോളെ മാധുര്യം കൂടുതൽ എന്താണമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് അമ്മ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല മതി അമ്മേ നമുക്ക് അങ്ങോട്ട് പോകാം നിന്റെ ഒരു കാര്യം ഒരിടത്തഞ്ചു മിനിറ്റ് അടങ്ങിയിരിക്കാൻ വയ്യൊന്ന് വരൂ അമ്മേ വേഗം ഒന്ന് വരൂ അമ്മേ വേഗമൊന്ന് വരൂ ട്രെയിൻ വരാറായി ട്രെയിൻ വരാറായി അതാ ആളുകളെല്ലാം റെഡി ആയി നിൽക്കുന്നു അതാ ആളുകളെല്ലാം റെഡിയായി നിൽക്കുന്നു പിടിക്കാതെ മോളെ ധൃതി പിടിക്കാതെ മോളെ ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട് ട്രെയിൻ വരാൻ ഇനിയും സമയമുണ്ട് വേഗം വന്നില്ലെങ്കിൽ മുൻപിൽ സ്ഥലം കിട്ടില്ലമ്മേ വേഗം വന്നില്ലെങ്കിൽ മുൻപിൽ സ്ഥലം കിട്ടില്ലമ്മേ നോക്കൂ ഇപ്പോഴേ ആളുകൾ തിക്കി കയറി കഴിഞ്ഞു െ മോളെ വിപ്രോളപ്പെടാതെ മോളെ ഇത് അമ്മാവൻ വരുന്ന ട്രെയിനില്ല ഇത് അമ്മാവൻ വരുന്ന ട്രെയിൻ അല്ല മദ്രാസ് മെയിലാണ് മദ്രാസ് മെയിലാണ് കേരള കർണാടക എക്സ്പ്രസിലാണ് കേരള കർണാടക എക്സ്പ്രസ്സിലാണ് അമ്മാവൻ വരുന്നത് അമ്മാവൻ വരുന്നത് അത് വരാൻ ഇനിയും ഇരുപത് മിനിറ്റ് വേണം അത് വരാൻ ഇനിയും ഇരുപത് മിനിറ്റ് വേണം എങ്കിൽ നമുക്ക് ആ കല്ല് ബെഞ്ചിൽ എങ്കിൽ നമുക്ക് ആ കല്ല് ബെഞ്ചിൽ എനിക്ക് കാൽ കഴിക്കുന്നു എനിക്ക് കാൽ കഴിക്കുന്നു ശരി വരൂ ശരി വരൂ അങ്ങോട്ട് നോക്കൂ അമ്മേ അങ്ങോട്ട് നോക്കൂ അമ്മേ എത്ര ആളുകളാണ് ദിവസവും വരികയും പോവുകയും ചെയ്യുന്നത് എത്ര ആളുകളാണ് ദിവസവും വരികയും പോവുകയും ചെയ്യുന്നത് ഇവരൊക്കെ എങ്ങോട്ടാണ് അമ്മേ എന്നും ഇങ്ങനെ പോകുന്നത് ഇവരൊക്കെ എങ്ങോട്ടാണ് അമ്മേ എന്നും ഇങ്ങനെ പോകുന്നത് മണ്ടിപ്പെണ്ണേ ദിവസവും ഒരേ ആളുകളാണോ ഈ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നത് ും ഓരോ ആളുകളാണോ ഈ ട്രെയിനുകളിൽ സഞ്ചരിക്കുന്നത് അതെനിക്കറിയാം അതെനിക്കറിയാം എന്തിനധികം പേര് എന്നും പോകുന്നു എന്നാണ് എന്തിനധികം പേര് എന്നും പോകുന്നു ഞാൻ ചോദിച്ചത് ഞാൻ ചോദിച്ചത് ഇത് നല്ല ചോദ്യം ഇത് നല്ല ചോദ്യം ഓരോരുത്തർക്കും ഓരോ കാര്യം കാണില്ലേ മോളെ ഓരോരുത്തർക്കും ഓരോ കാര്യം കാണില്ലേ മോളെ ഞാൻ അപ്പൂപ്പന്റെ കൂടെ നടക്കാൻ പോകാറുണ്ടായിരുന്നപ്പോൾ ഞാൻ അപ്പൂപ്പന്റെ കൂടെ നടക്കാൻ പോകാറുണ്ടായിരുന്നപ്പോൾ രണ്ടു നാലുകളെ ദിവസവും കാണുമായിരുന്നു രണ്ടു മൂന്നാളുകളെ ദിവസവും കാണുമായിരുന്നു അവരെന്നും രാവിലത്തെ ട്രെയിനിൽ എവിടെയോ പോകുമായിരുന്നു അവരിന്നും രാവിലത്തെ ട്രെയിനിൽ എവിടെയോ പോകുമായിരുന്നു അവര് കുറച്ചു ദൂരെ എവിടെയെങ്കിലും ജോലിയുള്ളവരായിരിക്കും അവർ കുറച്ചു ദൂരെ എവിടെയെങ്കിലും ജോലിയുള്ളവരായിരിക്കും ദിവസവും പോയിട്ട് വരുമായിരിക്കും ദിവസവും പോയിട്ട് വരുമായിരിക്കും അമ്മ എൻറെ സ്കൂളും അത്ര ദൂരെയായിരുന്നെങ്കിൽ എത്ര രസമായിരുന്നേനെ അമ്മേ എന്റെ സ്കൂളും അത്ര ദൂരെയായിരുന്നെങ്കിൽ എത്ര രസമായിരുന്നേനെ ട്രെയിനിൽ സഞ്ചരിക്കുമായിരുന്നു അമ്മേ എന്റെ സ്കൂളും അത്ര ദൂരെയായിരുന്നെങ്കിൽ എത്ര രസമായിരുന്നേനെ ഞാനും എന്നും ട്രെയിനിൽ സഞ്ചരിക്കുമായിരുന്നു ഞാനും എന്നും ട്രെയിനിൽ സഞ്ചരിക്കുമായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമല്ലേ എന്നും ട്രെയിനിൽ വരാനും പോകാനും അമ്മയ്ക്ക് ഇഷ്ടമല്ലേ എന്നും ട്രെയിനിൽ വരാനും പോകാനും ഇല്ല മോളെ ഒട്ടും ഇഷ്ടമില്ല ഇല്ല മോളെ ഒട്ടും ഇഷ്ടമില്ല അയ്യോ അതെന്താ അമ്മ അങ്ങനെ അയ്യോ അതെന്താ അമ്മ അങ്ങനെ ഞാൻ കോളേജിൽ പഠിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചു കൊണ്ടിരുന്നപ്പോൾ ദിവസവും ട്രെയിനിലാണ് വന്നു പോയിക്കൊണ്ടിരുന്നത് ദിവസവും ട്രെയിനിലാണ് വന്നു പോയിക്കൊണ്ടിരുന്നത് വളരെ ദൂരെയാണ് ഇവിടുന്ന് വളരെ ദൂരയാണ് അപ്പൂപ്പൻ അന്ന് താമസിച്ചിരുന്നത് അപ്പൂപ്പൻ അന്ന് താമസിച്ചിരുന്നത് പല ദിവസവും പല ദിവസവും ട്രെയിൻ സമയത്തിന് വരാഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ട്രെയിൻ സമയത്തിന് വരാഞ്ഞു ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കോളേജിലെ പരിപാടികൾക്ക് ഒന്നിനും നിൽക്കാതെ കോളേജിലെ പരിപാടികൾക്ക് ഒന്നിനും നിൽക്കാതെ സമയത്തിന് സ്റ്റേഷനിലെത്താൻ ഞാൻ ഓടാറുണ്ടായിരുന്നു സമയത്തിന് സ്റ്റേഷനിലെത്താൻ ഞാൻ ഓടാറുണ്ടായിരുന്നു ഇപ്പോഴും ആ രംഗങ്ങളൊക്കെ എന്റെ മനസ്സിൽ മങ്ങാതെ കിടക്കുകയാണ് ഇപ്പോഴും ആ രംഗങ്ങളൊക്കെ എന്റെ മനസ്സിൽ മങ്ങാതെ കിടക്കുകയാണ് അമ്മ അതിനെപ്പറ്റിയൊക്കെ കഥകൾ എഴുതാത്തത് എന്താണ് അമ്മ അതിനെപ്പറ്റിയൊക്കെ കഥകൾ എഴുതാത്തത് എന്താണ് എഴുതാനാണെങ്കിൽ എത്രയോ കഥകളുണ്ട് എഴുതാനാണെങ്കിൽ എത്രയോ കഥകൾ ഉണ്ട് പക്ഷേ എഴുതപ്പെടാത്ത കഥകൾ കാണുമ്പോളെ മാധുര്യം കൂടുതൽ പക്ഷേ എഴുതപ്പെടാത്ത കഥകൾ കാണുമ്പോളെ മാധുര്യം കൂടുതൽ എന്താണ് എന്നാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്താണമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് അമ്മ പറയുന്നതൊന്നും മനസിലാകുന്നില്ല എനിക്ക് അമ്മ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല മതി അമ്മേ നമുക്ക് അങ്ങോട്ട് പോകാം മതി അമ്മേ നമുക്ക് അങ്ങോട്ട് പോകാം നിന്റെ ഒരു കാര്യം നിന്റെ ഒരു കാര്യം ഒരിടത്ത് അഞ്ചു മിനിറ്റ് അടങ്ങിയിരിക്കാൻ വയ്യ ഒരിടത്ത് അഞ്ചു മിനിറ്റ് അടങ്ങിയിരിക്കാൻ വയ്യ